വിശ്വസിച്ചവരെ സത്യനിഷേധികൾ ചെയ്തതുപോലെ നിങ്ങളാകരുത് അവർ തങ്ങളുടെ സഹോദരന്മാർ ഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോഴോ യുദ്ധത്തിന് പോകുമ്പോഴോ പറഞ്ഞു അവർ നമ്മുടെ കൂടെയുണ്ടായിരുന്നെങ്കിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ഇല്ലായിരുന്നു ഇതവരുടെ ഹൃദയങ്ങളിൽ ഒരു ദുഃഖമായി മാറ്റാൻ അള്ളാഹു സുബഹാനഹുവ തായാല ഉ ഉദ്ദേശിച്ചു അള്ളാഹു സുബഹാനഹുവ തായാല ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുസുബഹാനഹുവ ചായാല സൂക്ഷ്മമായി കാണുന്നവനാകുന്നു